നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യം ഹരി ഓ അന്തരാപ്പയേ ശാത്തപാവനമചന് വൈഭവം തം നരം വപുഷി കുഞ്ചലം മുഖേ മന്മഹേ കിന്തിലഹുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരഹം गुरु श्री ഗുരുസാക്ഷാ പരം ബ്രംഹത്തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭി വ്യോമവത്വ്യേഹ ദക്ഷിണമൂർത്തമം പാർ പ്രതിബോധിത സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യീ അമ്പ ധാ ഭഗവീഷിം നമോസ്തു തേ വ്യാസവിശാലുദ്ധേ ഫുൽ അവിന് പത്രേത്രന ത്യാ ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപം പ്രപന്നപാരിജാതോത്രവേത്രൈകണ ജനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനമഹം गावो दोग्धा पार्थो वत्स ോപനിഷദോ ഗാവോദോധാ ഗോപാളനന്ദന പാർോ വത്സുധീർഭോക്തുധം ഗീതമൃതം മഹത് വസുദേവസുത ദിവസ കംസാണൂരമർദന ദമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്മഹം വന്ദേ പരമാനന്ദമാധവം യരുണേന്ദ്രദ്രമരുത സ്തുവൈസ്തവൈ വേദൈസ്മോപനിഷദൈർഗായം സാമഗാഹ്യവസ്ഥതദ്ഗന മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണാ തസ്മൈ നമ Paramam Veditavyam ക്ഷരം പരമം വേദം നിധാനം ത്മക്ഷരം പരമം വേദം ഞാൻ വിശ്വസം ത്മവ്യയശാശ്വതോപ്ത സനതനസ്വം പുരുഷോ മോ മേ മേ മ ഭഗവാന്റെ അടുത്ത് അർജുനൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എന്താ മനസ്സിലായത് എന്നുവച്ചാൽ നീയാണ് അറിയേണ്ട ആള് ത്വം വേദിതവ്യം ബാക്കിയൊക്കെ അറിയണതൊക്കെ മിയർ വേസ്റ്റ് ജനിച്ചു എന്തു ചെയ്തു ജനിച്ചാൽ പ്രയോജനം ഭഗവാനെ ഭക്തി ചെയ്യണം വേദിതം ഭഗവത് അനുഭവത്തിന് ഭഗവാനെ അനുഭവിക്കണം അതിപ്പോ എനിക്ക് മനസിലായി ഇടയ്ക്കൊക്കെ മനസ്സിലാവും ഇടയ്ക്ക് പോകും രാമകൃഷ്ണ പരമവംസർക്ക് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ ഡൗട്ട് അമ്മാവൻ വെച്ചാൽ ഏകദേശം ഒരേ വയസ്സാണ് രാംലാൽ ഹംലാൽ അല്ല പേര് മറന്നുപോയി അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് രാമകൃഷ്ണ പരമഹംസർ അടുത്ത് ഒരു ഭക്തി വരും ഇടക്കിടക്ക് വരും എന്താന്ന് വെച്ചാൽ കൊറേ ഭക്തന്മാരൊക്കെ രാമകൃഷ്ണ പരമഹംസർ കാണാൻ വരുമ്പോ അദ്ദേഹം ചോദിക്കണം ഹേ ഗതാധർ രാമകൃഷ്ണ പരമഹംസരുടെ പേര് ഗതാധർ ചാറ്റർജി ഹേ ഗതാധർ നിനക്ക് എന്താ ഒരു പ്രത്യേകത ഉള്ളത് എല്ലാരും നന്നെ അങ്ങനെ കാണാൻ വരണോ എനിക്ക് നോക്കിയിട്ടൊന്നും കാണാനില്ലല്ലോ നിനക്കാണെങ്കിൽ സംസ്കൃതം അറിയില്ല ഒന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ അത്തിരി സംസ്കൃതം അറിയാം അധ്യാത്മരാമായണം നല്ലവണ്ണം അറിയാം അപ്പൊ രാമകൃഷ്ണദേവന്റെ അടുത്ത് ഒരു ഒരു ഭക്തൻ പറഞ്ഞു നോക്കൂ ഇതോ അദ്ദേഹത്തിന് നിങ്ങളുടെ അടുത്ത് ഭക്തി വന്നിരിക്കുക അതൊക്കെ ഈ അധ്യാത്മരാമായണം കയ്യിലെടുക്കണം അല്ലെങ്കിൽ മൂക്കുപൊടി ഇടണം ഇത് രണ്ടെണ്ണെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പഴയ ആളാവുന്നതാണ് ഉടനെ ചോദിക്കും നിനക്ക് എന്താ അറിയ എന്നെ പോയി എല്ലാവരും ഭഗ ഭഗവാനെന്നും മഹാത്മാവെന്നും അവതാരവും എന്നും ഒക്കെ പറയണു ഇതൊക്കെ ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ലൗകിക മനുഷ്യർക്കൊക്കെ അങ്ങനെയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ അപ്പൊ ഭഗവാനെ ഗുരുവായൂരപ്പ ഗുരുവായൂർപ്പൻ അല്ലാതെ വരാറും കരുതില്ല വിഷമം മാറി സുഖം വന്നുകഴിഞ്ഞാൽ ഗുരുവായൂരപ്പനൊക്കെ ആശ്ചര്യം നടക്കട്ടെ ഇപ്പൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത് വിഷമം വന്നോണ്ടേ ഇരുന്നാലേ ഗുരുവായൂരപ്പന്റെ അടുത്ത് എത്തുള്ളൂ ഭഗവാന്റെ അടുത്ത് പോവുള്ളൂ ഇത്തിരി ദുഃഖം ഭഗവാൻ നമുക്ക് വിഷമം തരണത്തിൽ തന്നെ തന്റെ അടുത്തേക്ക് കൊണ്ടുപോവാനാണ് ദുഃഖം ദുഃഖായ സ്യാദിലെ ഇപ്പൊ അർജുനന് വിഷാദം വന്നു അപ്പൊ കണ്ടുതാ എല്ലാരും പരസ്പരം കൊല്ലാതായിട്ട് തയ്യാറായിട്ട് ബന്ധുക്കളൊക്കെ നിൽക്കുന്നു ഒക്കെ നശിച്ചു പോവാൻ പോകുന്നു നശ്വരമാണ് അപ്പൊ ഭഗവാന്റെ വിശ്വരൂപമും കാണിച്ചു കൊടുക്കുമ്പോ അർജുനൻ പറയാണ് ത്വമക്ഷരം പരമം വേദിതവ്യം അങ്ങാണ് നാശമില്ലാത്തത് ബാക്കിയൊക്കെ നശിച്ചു പോകും അക്ഷരമായിട്ടുള്ളത് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നശിച്ചു പോകും ത്വമസി വിശ്വസ്യ പരമം നിധാനം ഈ വിശ്വത്തിന് ആശ്രയമായിട്ട് അധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മം അവിടുന്നാണ് ശാശ്വതർമ്മഗോപ്ത ഈ ധർമ്മ യഥാ യഥാ ഹി ധർമ്മ ഗ്ലാരിഭവത്തി ഭാരത് അഭ്യുത്ഥാനമധർമ്മ തദാത്മാനം സൃജാമ്യഹം ഭഗവാന്റെ ഒരു പ്രോമിസാണ് സത്യം സത്യവ്രതൻ എന്ന് ഭഗവാൻ ഒരു പേര് ഭാഗവതത്തില് രാമായണത്തിലൊക്കെ ഭഗവാൻ അവതരിക്കുമ്പോൾ ഈ വാക്ക് പ്രയോഗിക്കും സത്യം ഭാഗവതൽ കൃഷ്ണൻ അവതരിക്കുമ്പോ പറഞ്ഞു സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന സത്യവ്രതനാണ് ഭഗവാൻ ഒരു വ്രതമുണ്ടതാണ് ഭഗവാൻ എന്താ വ്രതം എന്ന് വെച്ചാൽ എപ്പോ എപ്പോ ധർമ്മത്തിന് ഗ്ലാനി വരണു അപ്പോഴൊക്കെ ഞാൻ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ആവിർഭവിക്കും രാമായണത്തിലും ഭഗവാൻ വാൽമീകി രാമനെ പറയുമ്പോ രക്ഷിത സ്വധർമ്മ സ്വസ്യധർമ്മ രക്ഷിത ഇങ്ങനെ രക്ഷിത ജീവലോക ധർമ്മസ് പരിരക്ഷിത രക്ഷിത സ്വയ ധർമ്മ സ്വജനസ്യക്ഷിത ധർമ്മത്തിനെ നല്ലവണ്ണം അറിഞ്ഞ് രക്ഷിക്കുന്നവൻ ബാലിയെ ഭഗവാൻ വധിക്കുന്നു അപ്പൊ ബാലി ചോദിക്കണു നിനക്ക് എന്ത് ധർമ്മം അറിയാം ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു കുരങ്ങനാണ് ഞാൻ എന്നെ കൊല്ലണു തിന്നാൻ പോലും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോ രാമൻ പറയുന്നു സൂക്ഷ്മ പരമധുർജ്ഞേയ സതാം ധർമ്മപ്ലവംഗമ ഹൃദിസ്ഥ സർവഭൂതാ നാം ആത്മാവേദശുഭാശുഭം ധർമ്മം അറിവുള്ളവന്റെ ജ്ഞാനിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അയാൾക്ക് മാത്രമേ അറിവുള്ളൂ സൂക്ഷ്മ പരമദുജ്ഞേയ സതാം ധർമ്മപ്ലവ ഹൃദിസ്ഥ സർവഭൂതാ നാം ആത്മാവേദശുഭാശുഭം ഞാൻ എന്ത് ചെയ്യണോ അതാണ് ധർമ്മം പിതുരൻ മഹാഭാരതത്തില് പറയണ്ട് യോ ധർമ്മ തഥകൃഷ്ണ യഥകൃഷ്ണ തത്തോ ജയ എവിടെ ധർമ്മമുണ്ടോ അവിടെ കൃഷ്ണനുണ്ട് എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ധർമ്മം അറിയും എന്ന് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രം യഥകൃഷ്ണ തത്തോ ധർമ്മ എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ധർമ്മം ഉണ്ടോ എന്ന് അറിഞ്ഞോളൂ എന്നാണ് ധർമ്മം ഉണ്ടായിട്ട് ഭഗവാനില്ലാതിരിക്കാൻ പറ്റില്ല അയാൾ വളരെ നല്ല ആളാണ് പക്ഷെ ഈശ്വര ഭക്തിയും അധ്യാത്മത്തിലൊന്നും രുചിയില്ല എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ട് ധർമ്മത്തിന്റെ ലക്ഷണമേ എന്താ ചിത്തശുദ്ധി ചിത്തം ശുദ്ധമായാലോ ആത്മജ്ഞാനത്തിൽ രുചിയുണ്ടാവണം അതാണ് ലക്ഷണം ഈ തിന്ന ഉറങ്ങ ഇതിൽ തന്നെ പോവാണെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അല്ലേ എത്രയോ തിന്നു ഉറങ്ങി തിന്നു ഉറങ്ങി എന്ത് കണ്ടു മരിച്ചു കഴിയുമ്പോൾ മരിക്കാൻ പോകുമ്പോ എന്തൊക്കെ ചെയ്തു ജീവിതത്തില് കുറെ പച്ചക്കറി കുറെ പഞ്ചസാര കുറെ അരിയും എണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒക്കെ കാലിയായി കാര്യമായിട്ട് ഒരു പ്രയോജനവും ഇല്ല തൻകണക്കിന് കാലിയായി ഭൂമിക്ക് ഭാരം അപ്പോ ജീവിതത്തിന്റെ പരമപ്രയോജനം ഭഗവത് എന്നുള്ള ഒരു ഒരു ഉദ്ദീപ്തി ുള്ളിലൊരു ഒരു ലക്ഷ്യം വരണം മനുഷ്യന് ഇങ്ങനെ ഉണ്ടു മുറങ്ങി ഇങ്ങനെ ഇരുന്നാ പോരാ ഭഗവത് സാക്ഷാത്കാരം നേടണമെന്ന് തോന്നുകയും ഭഗവത് സാക്ഷാത്കാരത്തിനായി ഉള്ളിലൊരു പെടച്ചിലവർ രാമകൃഷ്ണദേവൻ അതാണ് പറഞ്ഞത് എന്തിനൊക്കെയോ ആളുകൾക്ക് അറിയണു എനിക്ക് ഭഗവാനെ കിട്ടിയില്ലാതെ വന്ന് കരയണ ആളുകളെ ഒന്നും കാണാനില്ലല്ലോ പണം കിട്ടിയില്ലാതെ വന്നിട്ട് അറിയണു എലക്ഷനില് ജയിച്ചില്ലാതെ വന്ന് കറിയണു ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ കറിയണു കുട്ടികൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കരയണു അല്ലേ ഇതൊക്കെ കിട്ടിയാലും കരയും പണം കിട്ടിയാലും കറിയും ജോലി കിട്ടിയാലും കരയും കുട്ടികൾ ഉണ്ടായാലും കരയും ലോകത്തിൽ ജനിച്ചാൽ കരയും ജനിക്കുമ്പോഴേ നമ്മൾ ചെയ്തത് കരച്ചലാണ് മുഴുവൻ ഞങ്ങടെ കരച്ചൽ ഈ കരച്ചൽ നിൽക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ ഭഗവാന് വേണ്ടി കരയണം കറിയണം പക്ഷെ ഭഗവാനു വേണ്ടി കരയണം അഴുതാൽ ഉന്നയിപ്പെരലാമേ മാണിക്യവാചകർ തിരുവാചകത്തോട് പറഞ്ഞു കരഞ്ഞാ ഭഗവാനെ കിട്ടും നമ്മളൊരു ചൊല്ലുണ്ട് കരയുന്നു കുട്ടിക്ക് പാലുള്ളൂന്നല്ലേ അതൊരു ഒരു കഥയാ അതായത് ജ്ഞാനസംബന്ധർ കരഞ്ഞപ്പോ പാല് കിട്ടി അതെന്നാണ് അത്രയാ കഥ വന്നത് ജ്ഞാനസംബന്ധരെ അച്ഛൻ ശിവപാദ ഹൃദയർ ശീർകാഴിയിൽ കുളത്ത് കരയിൽ കൊണ്ടുപോയിരുത്തി കുളിച്ചോണ്ടേരുന്നു കുറെ കഴിഞ്ഞപ്പോ കുട്ടി വിശന്നിട്ട് അമ്മയെ അച്ഛന്ന് പറഞ്ഞ് കരഞ്ഞു വിശക്കണു കുറച്ചു കഴിഞ്ഞ് അച്ഛൻ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് വരുമ്പോ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ പാൽ ഇട്ടുകൊണ്ടിരിക്കണ്ട് അപ്പൊ ചോദിച്ചു ആരാ നിനക്ക് പാല് തന്നു ചോദിച്ചു കരഞ്ഞപ്പോ പാല് കിട്ടി എവിടെ നിന്ന് കിട്ടി അപ്പോ മൂന്നര വയസ്സ് കുട്ടി നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റില്ല ഏ നമുക്ക് എൺപത് വയസ്സായിട്ട് ആ പാട്ട് വായിൽ വരില്ല മൂന്നര വയസ്സ് കുട്ടി പറഞ്ഞ് ചെവിയില് തോടിട്ട് മേലെയൊക്കെ ഋഷഭാരൂഢനായിട്ട് തലയിൽ ജഡയും ചന്ദ്രകലയും ഒക്കെ ആയിട്ട് ഒരു അമ്മ വന്നു രൂപമൊക്കെ ശിവന്റെയാണ് പശുപദേഹെ ആകാരിണീ രാജത്തെ രൂപമൊക്കെ പറയണത് ശിവന്റെയാണ് ഒരു തലയിൽ ജഡാധാരിയായി തൃശൂർ ചന്ദ്രകലാധരനായി ശ്മശാന ഭൂതിഭൂഷിതനായി കാതിൽ തോട് സ്ത്രീകൾ ധരിക്കുന്ന ആഭരണമാണ് തോട് ധരിച്ച് ഒരമ്മ വന്നു തോടുടയൻ വിടയേറി പൊടി പൂഷിയൻ ഉള്ളം കവർ കൾവൻ എന്റെ ഹൃദയം അപഹരിച്ചു കൊണ്ടുപോയ ഒരു കള്ളൻ ഇതൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ ഭാവനയിൽ വരുവോ മൂന്നര വയസ്സ് എവിടെ വന്നു ശങ്കരാചാര്യർ പറഞ്ഞു ജഗദീശ്വരിയുടെ പാലുകുടിച്ച് കവീന പ്രൗഢാമിമനീയ വലിയ കവികൾ പോലും ആശ്ചര്യപ്പെടുന്ന രീതിയില് കവയിതാ തപസ്തന്യം മന്യേ ധരണിധരകന്യേ ഹൃദയത പയ പാരാ വരം പരിവഹതി സാരസ്വതൈവ ദയാവത്യാ ദത്തം ദ്രവിഡശിശു ആസ്വാദ്യം പ്രൗഢാ അജനി കമനീയ കവയിതാം ആ ദ്രവിഡ ശിശു ഈ സ്തന്യപാനം ചെയ്ത് കവീനാം പ്രൗഢാ ഋഷികളെ പോലെ കവിത ചമച്ചു പാട്ടുപാടിയുന്നു ആ കുട്ടിക്ക് എങ്ങനെ പാലുകിട്ടിക്കറിഞ്ഞു കരഞ്ഞപ്പോ ഭഗവാനെ കിട്ടി അരുണാചൽ അക്ഷരമണമാലയിൽ ഭഗവാൻ പറയുന്നു ഇന്റെ മുമ്പിൽ ഇനിയും വന്നിട്ടില്ലെങ്കിൽ മെയ് നീരായി അഴിവേൻ മെയ് നീരാഴിവേൻ അരുണാചല ഈ ശരീരം തന്നെ മെൽറ്റ് ആയി ഇറ്റ് വിൽ ബിക്കം എ ലിക്വിഡ് സാക്ഷാത് എനിക്കുണ്ടായിട്ടില്ലെങ്കിൽ സംസാരത്തിൽ വീണ് ഞാൻ നശിച്ചു പോകും ഭഗവാനെ അങ്ങനെ ഒരു ഭയം വേണം ഫിയർ ഇസ് ഓൾസോ നെസസറി ഭയം വേണം ഭർതൃഹരി പറഞ്ഞു എന്തൊക്കെയാ ലോകത്തിൽ വേണ്ടത് എന്ന് വെച്ചാൽ ഭക്തിർഭവേ ഭഗവാൻ എടുത്ത് ഭക്തി പിന്നെ ഭയമില്ലാതിരിക്കാൻ പാടില്ല അതാണ് ഭയം വേണം മരണഭയം ജന്മഭയം ഹൃദ്യസ്ഥം എന്തിനേം ഭയപ്പെടണോ അതിനെ ഭയപ്പെടണം ഇത് ഭഗവാനെ ഒക്കെ കണ്ടിട്ടാ ഭയപ്പെടണത് ഈശ്വരനെ ഭയപ്പെടുക അമ്പലത്തിൽ പോണാൻ ഭയപ്പെടുക എപ്പോഴൊന്നും ആയിട്ടില്ല അതൊന്നും പേടി തോന്നുന്നു നല്ല നല്ല കാര്യമൊക്കെ ചീത്ത ചെയ്യാൻ യാതൊരു ഭയവും കാണാനില്ലേ അതാണ് അപ്പോ മരണജന്മ ഭയം ഹൃദയസ്ഥമയോ നീ ജനിക്ക പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീ ജയനം പേടി തോന്നണം നീ ജനിക്കും നീ ഗർഭത്തിൽ പ്രവേശിക്കുക ഒരു ഭയം ഇതൊക്കെയാണ് നമുക്ക് ശങ്കരാചാര്യർ ഉപയോഗിക്കണ ഒരു വഴി എന്താന്ന് വെച്ച ഗർഭവാസം വന്നുപോകുന്നതാണ് ഗർഭവാസം ഒരു ഭക്തൻ പറയും ഈ ഗർഭവാസം എന്താന്ന് വെച്ചാൽ ഒരു ട്രെയിൻ സാധാരണ ഇവിടുന്ന് ഇപ്പം നമുക്ക് ബോംബെയിൽ പോകണമെങ്കിൽ തന്നെ മൂന്ന് ദിവസം വയ്യ അല്ലേ ഒരു ഫ്ലൈറ്റിലോ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറിൽ പോകണമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോ ഈ ട്രെയിൻ ചൊവ്വയിലേക്ക് പോണ ഗ്രഹം പോലെയാണ് ഏകദേശം അതിൽ കയറി കഴിഞ്ഞാൽ മുന്നൂറ് ദിവസം യാത്ര ഗർഭത്തിനുള്ളേ എല്ലാ വിഷമങ്ങളും അനുഭവിക്കണം എല്ലാ ദുഃഖവും അനുഭവിക്കണം തിരുവാനന്ദ വാര്യരുടെ ഒരു തമാശയാണ് മൈസൂർ മഹാറാണി ഗർഭം ധരിച്ചിരിക്കണോന്ന് പറഞ്ഞ് ഗർഭത്തില് ബൾബോ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും വേദന വിഷമം ഇതൊക്കെ ചിന്തിച്ചിട്ട് മനുഷ്യന് വൈരാഗ്യം വരണം മരണജന്മ ഭയം ഹൃദിസ്ഥം അയ്യോ വീണ്ടും ജനനം വീണ്ടും മരണം പല ലോകങ്ങളിൽ യാത്ര സ്നേഹോനബന്ധുഷു നമ്മൾക്ക് ലോകവിഷയങ്ങളിൽ ലൗകികരോട് അറ്റാച്ച്മെന്റ് ഇല്ല നമന്മജാ വികാരാഹ മനസ്സ് ലൗകിക വിഷയങ്ങളാൽ സഞ്ചലമാവുന്നില്ല സംസർഗദോഷരഹിത വിജനാവനാന്ത ഏകാന്തമായി കാടുകളിലിരുന്ന് ധ്യാനിക്കണോ എപ്പോഴും ഏകാന്തത്തിലിരിക്കാൻ സാധിക്കും വൈരാഗ്യമസ് അല്ല വൈരാഗ്യം ഉണ്ടെന്നാണ് കിമത പരമർഥനീയം ഇതിന് മേലെ ഇനി എന്ത് വേണം ഒരു സാധകന് എന്തൊക്കെ വേണം എന്നാണ് വത്രിഹരി പറയണ വൈരാഗ്യമുണ്ട് ഭഗവാന്റെ അടുത്ത് ഭക്തിയുണ്ട് ലോക വിഷയങ്ങളിൽ ആസക്തിയില്ല ഈ സാധന കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് വേണം മരണജന്മ ഭയം കുറേ ഒരു ഭയം ഫിയർ ഒരു ഒരു ഇൻഡ്യൂസ്മെന്റ് ആണ് തള്ളി തരാൻ എന്തെങ്കിലും പുറകു വേണമല്ലോ എന്താ ഫോർസ് എന്ന് വെച്ച ഭയം അയ്യോ ഇനിയും അജ്ഞാനത്തിൽ വീണുപോയാൽ അയ്യോ സഹിക്കുവയ്യ പുറത്തു പോയാൽ പെട്ടുപോകും മായയിൽ വീണാൽ പെട്ടുപോകും അതാണ് ഇപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ ഈ ജ്ഞാനത്തിന്റെ വില അറിയണമെങ്കിൽ അജ്ഞാനത്തിന്റെ ഭയങ്കരത അറിയണം ഇതൊക്കെ അറിഞ്ഞ് ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ ഭഗവത് സാക്ഷാത്കാരം ഭഗവത് ജ്ഞാനം ബാക്കിയുള്ളതൊക്കെ വ്യവഹാരം മാത്രമാണ് അതൊക്കെ ഇതപ്പം നിൽക്കും നാളെ എന്നുണ്ട് നാളെ ഇല്ല ത്വമക്ഷരം പരമം വേദിതവ്യം ഭഗവാനെ നാശമില്ലാത്ത പൂർണ്ണ വസ്തു മാത്രമാണ് അറിയേണ്ടത് അവിടുന്ന് മാത്രമാണ് ബാക്കി ആരോടും നമുക്ക് നിത്യസംബന്ധം ഇല്ല നിത്യസംബന്ധം ഈശ്വരനോട് മാത്രം ബാക്കിയുള്ളവരോടൊക്കെ ഇന്ന് സംബന്ധമുണ്ട് നാളെ ശരീരത്തിനോടേയും നിത്യസംബന്ധം ഇല്ല അല്ലെ കഴിഞ്ഞ ജന്മത്തിൽ ശരീരത്തിനോട് ഇപ്പൊ സംബന്ധമുണ്ടോ എത്രയോ ശരീരങ്ങൾ കഴിഞ്ഞു എന്തെങ്കിലും ശരീരത്തിനോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ല യൗവനത്തിനോട് കണക്ഷൻ ഉണ്ടോ ബാല്യത്തിനോട് കണക്ഷൻ ഉണ്ടോ നമ്മളുടെ അംഗങ്ങൾ തന്നെ ഒന്നിനോടും നമുക്ക് കണക്ഷൻ ഇല്ല പല്ലുണ്ട് കുറച്ച് ഉണ്ടാവില്ല തലമുടിയിലുണ്ട് കുറച്ച് ഉണ്ടാവില്ല അതൊക്കെ നമ്മളെടുത്ത് പറഞ്ഞിട്ട് പോകും നിത്യസംബന്ധം നമുക്ക് ഭഗവാനോട് മാത്രാണ് എന്ന് അറിഞ്ഞ് പരമം വേദിതവ്യം അർജുനൻ പറഞ്ഞ ഇപ്പോഴാണ് ഭഗവാനെ എനിക്ക് മനസ്സിലാവണത് അങ്ങാണ് അറിയേണ്ട വസ്തു ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമിശ്വസ്യ പരം നിധാനം സനാതനസ്വം പുരുഷ്യാശ്വതധർമ്മഗോപ്ത ധർമ്മം ശാശ്വതമാണ് അതേപോലെ ശാശ്വതധർമ്മം വ്യവഹാര ധർമ്മം രണ്ടുണ്ട് വ്യവഹാര ധർമ്മം ലോകത്തിലെ അന്നന്നത്തെ അപ്പപ്പോ ഉള്ള കാലങ്ങളിലേക്ക് വേണ്ടിയതാണ് വ്യവഹാര ശാശ്വതധർമ്മം എന്ന് പറയുന്നത് സത്യം പാലിക്കുക അത് ഈ ആഗസ്റ്റ് മാസം മാത്രമേ സത്യം പറയുള്ളൂ അങ്ങനെയൊന്നുമില്ല മഴക്കാലത്ത് മാത്രമേ സത്യം പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല സത്യം എപ്പോഴും അഹിംസ എപ്പോഴും അസ്ഥേയം എപ്പോഴും ത്യാഗം എപ്പോഴും ഇതൊക്കെ നിത്യം സാർവഭൗമാമഹാവം എന്നാണ് പതഞ്ജലി പറയണത് മുസ്ലിംസിന് കള്ളം പറയാം അങ്ങനെയുണ്ടോ ഇപ്പൊ സനാതനഹാത്വം എന്ന് പറയണ സനാതനധർമ്മം എന്ന് നമ്മളൊന്ന് പറയണു സനാതനധർമ്മം എന്ന് വെച്ചാൽ ഈ ശാശ്വതധർമ്മത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കണതൊക്കെ സനാതനധർമ്മമാണ് ആ ശാശ്വതധർമ്മം നിൽക്കണവരെ സനാതനധർമ്മത്തിനും നാശമൊന്നുമില്ല മതത്തിന്റെ പേരെന്ത് മാറിയാലും രൂപം എന്ത് മാറിയാലും ഒരു മതക്കാർക്കും ഞങ്ങളുടെ ധർമ്മത്തിൽ ഇപ്പം സത്യം പറയണത് നിർബന്ധമൊന്നുമില്ല പറഞ്ഞാൽ ഒക്കുവോ ഞങ്ങളുടെ മതത്തിൽ ഇപ്പൊ സ്നേഹമായിട്ടിരിക്കണമെന്നൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ മതങ്ങളിലും സമാനമായിട്ടുള്ള ചില നിയമങ്ങളെയാണ് സനാതന ശാശ്വതധർമ്മം എന്ന് പറയുന്നത് ആ ശാശ്വതധർമ്മത്തിന് നാശമേ ഇല്ല ആ ശാശ്വതധർമ്മത്തിനെ ആരാശ്രയിച്ചു കൊണ്ടിരിക്കണു അവനെ ആ ശാശ്വതധർമ്മം രക്ഷിക്കും ഇതാണ് ധർമ്മോരക്ഷതിരക്ഷിത എന്ന് പറയുന്നത് അല്ലാതെ ധർമ്മം എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കരുതികൊണ്ട് അതിനെ അനുഷ്ഠിച്ചു എന്ന് പറയാൻ പാടില്ല ആ അർത്ഥത്തിലാണ് ഭാഗവതത്തിൽ നാരദൻ വ്യാസന ചീത്ത നിങ്ങൾ ധർമ്മം എന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞ ആളുകളെ പഠിപ്പിച്ച് വഴിതെറ്റിച്ചു ജുഗുപ്സിതം ധർമ്മകൃതയുശാസത ഓരോരോ സമയത്തേക്ക് ഓരോരോ ധർമ്മം അതിങ്ങനെ അത് വ്യവഹാര ധർമ്മത്തിനെ പറഞ്ഞു ചൂത് കളിക്കണത് ധർമ്മമാണെന്ന് ധൃതരാഷ്ട്ര ധർമ്മപുത്രരെ ധരിച്ചു ആലോചിച്ച് നോക്ക അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ ഇപ്പോ ചില കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാർട്ടിയിൽ പോയാൽ ചിലതൊക്കെ ചെയ്യണം കുടിക്കണം അതൊരു ധർമ്മമാണെന്ന് ധരിച്ച ചില ആളുകൾ അങ്ങനെ ധരിക്കേണ്ട അത്രക്കേ ഉള്ളൂ ബുദ്ധി ചില ആളുകൾ ധരിക്കണം അത് ഇതിന്റെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് അതുപോലെയാണ് ധർമ്മപുത്രയുടെ ചൂന്ന് കളിക്കണത് ധർമ്മമാണെന്ന് ധരിച്ചു ആഫ്റ്റർ ഇഫക്റ്റ് നോക്കൂ അത് രാജധർമ്മമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ എന്തിനായി അല്ലേ അതുപോലെ ഒരു രാജ്യത്തിന് വേണ്ടി പരസ്പരം അങ്ങടും ഇങ്ങടും തല്ല കുത്തുക കൊല്ല ചണ്ടൂടുക എത്ര പേര് അതോ അതിലെ ധർമ്മമാണെന്ന് ഭഗവാൻ കൂട്ടു എന്താന്ന് വെച്ചാൽ എല്ലാരെയും നശിപ്പിക്കാൻ വേറെ വഴിയൊന്നുമില്ല പക്ഷേ രണ്ടു വശത്തും ധർമ്മമൊന്നുമില്ല വിതുരൻ ഇറങ്ങിപ്പോയില്ലേ കാരണം ഒന്നും എന്ത് ചെയ്താലും കുഴപ്പമാകുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി ഒരു പോക്ക് പോയത് എന്താ ശാശ്വതധർമ്മത്തിനെ ആശ്രയിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയി ഭീഷ്മര് ധരിച്ചു ഇത് എന്റെ ധർമ്മമാണ് ഞാൻ അച്ഛന് വാക്കു കൊടുത്തു യുദ്ധം ചെയ്യണത് ധർമ്മമാണ് അദ്ദേഹത്തിന് മരിക്കാൻ അങ്ങനെ മരിക്കാനാണ് യോഗം അപ്പോ ഇവിടെ ഭഗവാന്റെ അടുത്ത് അർജുനൻ പറയാണ് ശാശ്വതധർമ്മത്തിനെ രക്ഷിക്കുന്നവനാണ് അങ് ഭഗവാൻ അതുമാത്രേ ഉള്ളു കണ്ണ് അതുകൊണ്ട് ഗോപസ്ത്രീകളോ അവരാരും വൃന്ദാവനത്തിലുള്ള വാസികൾ ആരെയും ഭഗവാൻ മധുരാപുരിയിലേക്കോ ഹസ്തനാപുരത്തിലേക്കോ ഒന്ന് വരാനൊന്നും സമ്മതിച്ചതേ ഇല്ല അവരാരും അതിനുശേഷം കൃഷ്ണനെ കണ്ടിട്ടേല്ല എന്താന്ന് വെച്ചാൽ അവരൊക്കെ ശാശ്വതധർമ്മത്തിൽ ഭക്തിയില് ഭഗവത് ജ്ഞാനത്തിന് മാത്രം അർഹരായിട്ടുള്ളവരാണ് ഉദ്ധവര് ഉദ്ധവരെ അവസാനം ശാശ്വതധർമ്മത്തിനെ ഉപദേശിച്ച് പറഞ്ഞു ഗീതയില് ഭഗവാൻ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നു മൃതമിതം യഥോക്തം പര്യുപാസത്തെ ധർമ്മത്തിന്റെ അമൃതം ഇതാണ് അദ്ദേഷ്ടം മൈത്ര കരുണയേവച് നിർമ്മമോ നിരഹങ്കാര സമദുഖസുഖമി സന്തുഷ്ട സതതം യോഗി ഇതൊക്കെയാണ് ധർമ്മം ഇതാരും അനുഷ്ഠിക്കുന്നുണ്ടോ അവരുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനാണ് അവന് ഞാൻ നോക്കിക്കൊള്ളാംന്ന് അവന്റെ പുറകിൽ ഭഗവാൻ ഉണ്ടാവും അത് തന്നെയാണ് ഭക്തിയും നോക്കൂ ഗീതയില് ഭഗവാൻ ധർമ്മത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത് കണ്ണീര് വിടല് ഭസ്മം ധരിക്കല് ചന്ദന ഇടല് രുദ്രാക്ഷ ഇടല് തുളസിയിടല് ഇതൊക്കെയാണ് നമുക്ക് ഭക്തി അല്ലേ കണ്ണീര് വിടലൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമായിരിക്കില്ല നമ്മുടെ ഭഗവാൻ്റെ അടുത്ത് ഒരു ഭക്തൻ ടി പി രാമചന്ദ്രയ്യ അറ്റൻ മഹർഷിയുടെ കൂടെ അപ്പൊ എല്ലാം കാണും പല ടൈപ്പ് ഓഫ് സാധകന്മാർ പല വിധത്തിലുള്ള സാധകന്മാർ വരും ലോകം മുഴുവൻ അവിടെ വന്നിട്ട് എല്ലാ തരത്തിലുള്ള സന്യാസികളും തപസ്വികളും ഒക്കെ വരും അപ്പൊ ഒരു സിലോണിൽ നിന്ന് ഒരു സാധു വന്നിട്ട് ദിവസം കണ്ണടച്ചിരിക്കും കണ്ണിൽ നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണീർ വരും സഹിച്ചില്ലേ അദ്ദേഹത്തിന് ഞാൻ ഇത്ര കാലമായിട്ട് ധ്യാനിക്കാൻ ശ്രമിക്കണം ധ്യാനം പോലും ചിലപ്പോൾ വരണില്ലേ അദ്ദേഹത്തിന് എപ്പോഴിരുന്നാലും കണ്ണീര് ഇപ്പൊ ഒരു ദിവസം മലയിലേക്ക് നടക്കാൻ പോകുമ്പോ മഹർഷിയോട് ചോദിച്ചോ ഭഗവാനേ അദ്ദേഹം രാവിലെ ഇരുന്നാലും കണ്ണിൽ കണ്ണീര് വരണു ഉച്ചയ്ക്ക് കണ്ണീർ വരുന്നു എപ്പ ധ്യാനിക്കുന്നാലും കണ്ണീർ വരുന്നു എനിക്ക് ഒരിക്കൽ പോലും കണ്ണീർ വരുന്നില്ലല്ലോ ഫസ്റ്റ് ഭഗവാൻ ചോദിച്ചു നീയെ അവരെ പാർക്കറെ അതിനാ അവരെ നോക്ക് അദ്ദേഹത്തിനെ നോക്കണത് ഇല്ല ഭഗവാൻ എന്നാൽ ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടാവുവോ എന്നൊരു ഒരു ആശ്ചര്യം അവർക്ക് കണ്ണില് കോളാറില്ല എന്ന് ഉണക്കനെ തരൂ കണ്ണിലെന്തെങ്കിലും കുഴപ്പമില്ല എന്ന് എനിക്ക് വലതും അറിയോന്ന് വെച്ച ഭക്തി എന്ന് പറയുന്നത് ധർമ്മമാണ് ഭഗവാൻ ഗീതയില് ഭക്തി എന്ന് പറഞ്ഞത് ദ്വേഷമില്ലാതിരിക്ക മൈത്രിഭാവം സർവസമഭാവം സത്യനിഷ്ഠ സന്തുഷ്ടി ഈ ആന്തരിക ലക്ഷണങ്ങളെ ഭക്തി എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടെങ്കിൽ കണ്ണീർ വന്നാലും കണ്ണീർ വന്നിട്ടില്ലെങ്കിലും ഭക്തിയാണ് അതില്ലെങ്കിൽ കണ്ണീർ വന്നാലും കണ്ണീർ വന്നിട്ടില്ലെങ്കിലും ചന്തനക്കുറിയിട്ടാലും ഭസ്മ ഇട്ടാലും രുദ്രാക്ഷ ഇട്ടാലും തുളസി ഇട്ടാലും ഭഗവാന് പറ്റിക്കാനൊന്നും പറ്റില്ല സിനിമയിൽ ഒരാൾ ഋഷിയായിട്ട് ആക്ട് ചെയ്താൽ ഋഷിയാവുമോ തലയിൽ ജടയൊക്കെ വെച്ച് കഴുത്തിൽ രുദ്രാക്ഷമൊക്കെ ഇട്ട് ഭസ്മൊക്കെ ധരിച്ച് ഋഷിയാവോ ലക്ഷണങ്ങൾ മാത്രം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ മന്ത്രം പഠിക്കുക വേദം പഠിക്കുക അപ്പൊ ഗീത പഠിക്കുക ഇതൊക്കെ തന്നെ ഒരു മെഷീനും ചെയ്യും ഒരു കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താൽ പറയും നന്നായിട്ട് പറയും അല്ലേ പക്ഷെ സത്യം ദയാ കാരുണ്യം അത് വലതു അതിനുണ്ടോ ശാന്തി അത് വലതോ അതിനറിയോ അപ്പോ ഭക്തിക്ക് ഒരു ഡെഫനേഷൻ ധർമ്മത്തിനൊരു ഡെഫനേഷൻ പറയേണ്ടത് മെഷിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് വ്യതിരേകം ഒരു മെഷീൻ ചെയ്യാൻ സാധിക്കാത്തത് എന്താണോ അതാണ് അമ്പലത്തിൽ പൂജ പൂജയാണ് ഭക്തിയെങ്കിൽ പൂജ ചെയ്യാൻ ഒന്നും ആ പെർഫെക്റ്റ് ആയിട്ട് ആളെ കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് മനുഷ്യനെ പോലെ തന്നെയുള്ള റോബോട്ട് കിട്ടും നല്ലവണ്ണം ശിഖയൊക്കെ വെച്ച് ആചാരമായിട്ട് കച്ചമുടുത്ത് കറക്റ്റായിട്ട് മന്ത്രം ചൊല്ലി കണ്ട അറിയേല മനുഷ്യനാണോ റോബോട്ടാണോ അറിയാതെ മന്ത്രമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചൊല്ലും പക്ഷേ അതിന് ഭക്തിയുണ്ടോ ഈശ്വരനുണ്ടോ ത്യാഗമുണ്ടോ ദയുണ്ടോ ഒന്നുമില്ല നമ്മൾ ചെയ്യുന്നതും പലതും അങ്ങനെയാണ് ഒന്നും ഹൃദയത്തിൽ ഇല്ല അല്ലേ അപ്പോ ഏതൊന്ന് അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലയോ നിസർഗമാണോ അതാണ് ധർമ്മത്തിൻ്റെ മൂലം ധർമ്മത്തിന്റെ സോഴ്സ് എന്ന് പറയണത് ആ ധർമ്മമേ അന്തരാത്മാവിൽ തൊടുള്ളൂ ഇറ്റ് വിൽ അവരനെ എഴുന്നേൽപ്പിക്കും അതാണ് ഭഗവാൻ പറയണത് ഹിരണ്യ കശിപ്പു ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കണു എന്നൊക്കെ ദേവതകൾ ചെന്ന് കംപ്ലൈൻറ് ചെയ്തു ഭഗവാൻ എടുത്ത് ഭഗവാൻ ഞാൻ ഏർപ്പാടാക്കിയതാണെന്ന് നിങ്ങളൊക്കെ കുറെ തല്ലുകൊള്ളണം അതും ഇരണ്യകക്ഷി ഇപ്പോൾ ഭഗവാന്റെ ആളുകളാണല്ലോ അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസിനെ ഒരു കാരണം പറഞ്ഞ് ലോകത്തിലേക്ക് പറഞ്ഞതാണ് നമ്മളൊക്കെ വളരെ വളരെ ശാലോ ആവുമ്പോ ഈശ്വരൻ പല രൂപത്തിലും വന്ന് നമുക്കറിയില്ല ചിലപ്പോ രാഷ്ട്രീയക്കാരായിട്ടും നാസ്തികന്മാരായിട്ടും ഈശ്വരദ്വേഷികളായിട്ടും ഒക്കെ വരും അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വന്ന് നമ്മൾ ഉപദ്രവിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിലുള്ള ഭക്തി വരിക നമ്മളൊക്കെ വളരെ സ്ഥൂലബുദ്ധികളായിട്ട് ചിലപ്പോൾ ഇരുന്ന് പോകും അപ്പൊ പറഞ്ഞു ഞാൻ തന്നെ ഏർപ്പാടാക്കിയതാണ് മുതിരിക്കട്ടെ ഭഗവാനെ സഹിക്കുകയ്യാ എന്ത് ചെയ്യാൻ സഹിച്ചോളൂ അത് ഒരു പിരിയേട് പേരെ മൂപ്പേരെ കൊണ്ട് തല്ലാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെയൊക്കെ ഇനി എപ്പോഴാ അതിനൊരു നിവൃത്തി അവൻ ആ ബൗണ്ടറി കടന്നാൽ അപ്പൊ ഞാൻ വരുന്നു ബൗണ്ടറി എപ്പ കിടക്കും പ്രഹ്ലാദായേതാ ദുർഹ്യേത് ഈ ഉപദ്രവിക്കണത് സെന്റർ വരെ പോയാൽ പിന്നെ എനിക്കിരിക്കാൻ പറ്റില്ല അതായത് ശരിയായ ഭക്തൻ വാസ്തവമായ ധർമ്മനിഷ്ഠനെ മേലെ അവൻ കൈവച്ചാൽ ഹനുഷ്യേവി വരോർജിതം ബ്രഹ്മാവ് വരം കൊടുത്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അത് ചുമ്മാൻ സമാധാനപ്പെടുത്താനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവൻ ആരുടെ അടുത്ത് പോയി വരം വാങ്ങിച്ചുകൊണ്ട് വന്നാലും ശരി പ്രഹ്ലാദന്റെ മേലെ അവൻ കൈവയ്ക്കാൻ തീരുമാനിച്ച അപ്പ കാച്ചു കളയുന്നത് ഹനുഷ്യേവിരോർജിതം അതാണ് ശാശ്വത ധർമ്മഗോപ്ത ശാശ്വതർമ്മത്തിന് ഒരു ഹാനിയും വരാൻ ഒക്കില്ല ഏതേത് ഹാനി വരുന്നു അത് ശാശ്വതധർമ്മമല്ല ഇതാണ് അന്വയവ്യതിരേഖ ഏതേത് ഹനിക്കപ്പെടുന്നു ഏതേത് കറപ്റ്റഡ് ആവുന്നു ഏതേത് അഫക്റ്റഡ് ആവുന്നു തീരുമാനിച്ചോള അതും ഈശ്വര നിശ്ചയം തന്നെയാ ഇപ്പൊ വർണ്ണാശ്രമ ധർമ്മം നമ്മൾ തീരുമാനിച്ചിട്ടാണ് ഒക്കെ മാറിപ്പോയി ഒക്കെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരാളും പിടിച്ചിട്ടൊന്നും നിക്കണില്ല ഇന്ന ജാതി ഇന്നെ വർണ്ണം ഇങ്ങനെ ഇരിക്കണം എന്നു പറഞ്ഞ ഒക്കെ കൂടിക്കൊഴഞ്ഞ് ആരാണോ അത് നല്ലവണ്ണം വാദിക്കണത് അവരുടെ ഫാമിലിയിൽ തന്നെ കുഴപ്പമുണ്ടാവും അങ്ങനെയാണ്പെടക്കണത് കുട്ടികളൊക്കെ ഇവിടുന്ന് അടുത്ത കോണ്ടിനന്റില് പോയി കോണ്ടിനന്റൽ ചേഞ്ചാണ് ഒരു ജാതിയില് ചേഞ്ച് ഒന്നുമല്ല കേരളത്തിലുള്ള ആള് അമേരിക്കൻ ആയിട്ട് മാറി അടുത്ത ജനറേഷൻ അവർ അമേരിക്കനും അല്ല ഇന്ത്യനും അല്ലാന്ന് മാറി എന്താ ഇങ്ങനെ മാറണമെന്ന് ചോദിച്ചാൽ അത് ശാശ്വതധർമ്മ അല്ല ഈശ്വരൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കണു നമ്മളെന്ത് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് സത്യത്തിനെ നുണയാക്കാൻ പറ്റില്ല ദ്വേഷം വെറുപ്പ് മുതലായിട്ടുള്ളതൊന്നും ഉണ്ടാക്കാം അതൊന്നും ഒരു നിയമമാക്കാൻ പറ്റില്ല ഈശ്വര ഭക്തി എന്നുള്ളത് മാറാൻ പറ്റില്ല സ്പിരിച്വൽ നോളജ് എന്നുള്ളത് മാറാൻ പറ്റില്ല അത് ലോകത്തിന് മുഴുവൻ സമാനമാണ് ഈ ആത്മവിദ്യ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നായി ഈ ആത്മവിദ്യ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏത് എവിടെ ഉള്ള ആളാവട്ടെ അയാൾക്ക് സംസാര നിവൃത്തി വേണം ശാന്തി വേണം വന്നിരിക്കും അവന് വർണ്ണം ആശ്രമവും വരും അവന് ധർമ്മുണ്ട് അപ്പൊ ശാശ്വതധർമ്മം ഈശ്വരന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ലോകധർമ്മം എന്ന് പറയുന്നത് അപ്പം മാത്തിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ മാറുമ്പോ നമ്മളെ കയ്യിലില്ല എന്ന് അറിഞ്ഞുകൊള്ളുക ഫ്രീ ശാശ്വതധർമ്മം പിടിച്ചുകൊള്ള സത്യത്തിനെ പിടിച്ചുകൊള്ള അദ്വേഷ്ടവേഷിക്കാതിരിക്കുക മൈത്രിഭാവത്തിനെ പിടിച്ചുകൊള്ളുക സർവ്വഭൂത സമഭാവത്തിനെ പിടിച്ചുകൊള്ള ശാന്തിയെ വെച്ചുകൊള്ളുക ഭഗവത് ധ്യാനത്തിനെ വെച്ചുകൊള്ളാം ജ്ഞാനനിഷ്ഠയെ വെച്ചുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ പറയണു എന്റെ ഭക്തന് നാശമല്ല അവൻ എന്തെങ്കിലുമൊക്കെ നാശമോ വിഷമമോ വരുമ്പോ അവൻ എന്റെ അമ്പലത്തിൽ വന്ന് കാണുമെന്ന് വേണ്ട അവന്റെ മുമ്പിൽ ഒരു തൂണ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നു അതാണ് കാണിക്കണത് അവന് ധൃതിയൊന്നുമില്ല ഭഗവാൻ പറയണത് അവന് യാതൊരു വിഷമവും വരില്ല അവന്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എന്റെ ചക്രം പുറകെയുണ്ട് അല്ലേ അതാണ് അംബരീഷ ചരിത്രം അവന്റെ മേലെ ആരെങ്കിലും കൈവച്ചാൽ തൂണിൻറെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തു വരും ഐ ക്യാൻ മാനിഫെസ്റ്റ് എനിവെയർ എവിടെ വേണമെങ്കിലും ഞാൻ പുറത്തു വന്ന് അവനെ സംരക്ഷിക്കും എന്താ ശാശ്വത ധർമ്മഗോപ്ത ഒരിക്കലും നാശ അനന്യാശ്ചിന്തയന്തോ മാം ഏ ജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം നിത്യാഭിയുക്തന്മാരായി എന്റെ ശാശ്വതധർമ്മത്തിനെ അനുസരിക്കുന്നവരുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം ഭഗവാൻ എടുത്തുപോയി എന്നെ രക്ഷിക്കൂ രക്ഷിക്കുന്നു ഒന്നും പറയേണ്ട നമ്മള് ഭഗവാനാൽ രക്ഷിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ ഭഗവാൻ രക്ഷിക്കും ഭഗവാൻ നനെ സ്വൽ നശിപ്പിച്ചേമധുരന്ധരസ്യ സകലശ്രേയോദ്യോഗിനൃഷ്ടാദൃഷ്ടമോപദേശകൃതിനാ ബാഹ്യന്തരവ്യാപി ദയാക്കവേദാ ശംഭോ ത്വം പരമാന്തരങ്കമേ ചിത്തെ സ്മറാമി അന്വഹം ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക എന്റെ കാര്യം നടത്തി തരും കുട്ടികൾക്കറിയണം പോലെ നമുക്ക് കരയാം പക്ഷേ ഈശ്വരൻ എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ യോഗക്ഷേമധുരന്ധരസ് ഈ കുട്ടികള് അമ്മയുടെ അടുത്ത് അച്ഛന്റെ അടുത്തൊക്കെ പറയാണ് ഒരു സമുദ്രത്തില് കളിക്കാൻ പോകുമ്പോ കുട്ടി അമ്മയുടെടുത്ത് പറയാം അമ്മ എന്നെ കടലിൽ വിടണ്ടട്ടോ പിടിച്ചോളൂ പിടിച്ചോളൂ പിടിച്ചോ അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കണോ കുട്ടി അമ്മയുടെ അടുത്ത് പറയാം അമ്മ നാളെ എനിക്ക് ഊണ് തരണം കേട്ടോ ആലോചിച്ച് നോക്കും ഈശ്വരൻ്റെ അടുത്ത് പ്രേയിങ് ഫോർ ദ ഡെയിലി ബ്രെഡ് ഈശ്വരൻ്റെ അടുത്ത് പറയാ നാളെ എനിക്ക് ഊണ് തരണം കേട്ടോ ഒന്ന് പറയണോ ഉം